അള്ളാഹുസുബഹാനുഹുവറ്റല നിനക്ക് നൽകിയതിൽ വെച്ച് പരലോകത്തെ ജീവിതത്തെ നീ തേടുക ദുനിയാവിലെ നിന്റെ വിഹിതത്തെ നീ മറക്കരുത് അള്ളാഹു സുബഹാനുഹുവറ്റല നിന്നോട് ചെയ്തതുപോലെ നീയും നന്മ ചെയ്യുക ഭൂമിയിൽ നാശമുണ്ടാക്കാൻ നീ ശ്രമിക്കരുത് തീർച്ചയായും നാശമുണ്ടാക്കുന്നവരെ അള്ളാഹു സുബഹാനഹുവറ്റല ഇഷ്ടപ്പെടുന്നില്ല